എന്റെ ജനതയെ അള്ളാഹു സുബാനഹുവറ്റ ആല നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന പരിശുദ്ധ ഭൂമിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക നിങ്ങൾ പിന്നോട്ടു തിരിയരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ നഷ്ടം സംഭവിച്ചവരായിത്തീരും